തീർച്ചയായും ഫിർ അവൻ ഭൂമിയിൽ അഹങ്കരിച്ചു അവൻ അവിടുത്തെ ജനങ്ങളെ പല വിഭാഗങ്ങളായി തിരിച്ചു അവരിലെ ഒരു വിഭാഗത്തെ അവൻ ദുർബലപ്പെടുത്തി അവരുടെ ആൺമക്കളെ അവൻ കൊന്നൊടുക്കുകയും പെൺമക്കളെ ജീവിപ്പിക്കുകയും ചെയ്തു തീർച്ചയായും അവൻ നാശമുണ്ടാക്കുന്നവരിൽപ്പെട്ടവനായിരുന്നു